രാവിലെ എല്ലാവരും എഴുന്നേറ്റ് നമ്മൾ പ്രശ്നമെല്ലാം പഠിക്കുമ്പോൾ ദൈവജ്ഞൻ അനുഷ്ഠിക്കേണ്ടുന്ന ചില പ്ര കാര്യങ്ങളുണ്ട് ഉത്ഥായോഷി ദേവതാം കൃതിനിജാം ധ്യാത്വ അഭുശോധനം കൃത്വ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് രാവിലെ എഴുന്നേൽക്കുക രാവിലെ എന്ന് പറഞ്ഞാൽ അത് രാവിലെ ഇരുപത്തഞ്ചാം നാഴികയ്ക്കാണ് ഉഷക്കാലത്തിൽ എഴുന്നേൽക്കണമെന്ന് അതായത് ഇരുപത്തഞ്ചാം നാഴേക്ക് എഴുന്നേൽക്കണം തുദ്ധായോ ഉഷസി ദേവതാം ഹൃദി നിജാം ധ്യാത്വ അവനവൻ്റെ ഉള്ളിലുള്ള ദേവതയെ ധ്യാനിച്ചിട്ട് പിന്നീട് വിധിവൽ മന്ത്രജവാധികം വിധിവൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതാണ് ആദ്യം ഉണർന്നാൽ ഉടനെ അവനവൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഞാൻ ഉറങ്ങിയതെന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഉണർന്നതെന്തുകൊണ്ടാണ് ഞാൻ ആരാണ് എവിടെയാണ് നിൽക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് അവനുവിൻ്റെ ഉള്ളിലുള്ള ശക്തിയെ പ്രാർത്ഥിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ദൈവജാൻ തുടങ്ങേണ്ടതെന്നർത്ഥം ഈ ശക്തി ഇല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകില്ല ബോധമെന്നാണ് ഇതിനെ പറയുന്നത് ആത്മശക്തിയാണ് അപ്പോൾ ഈ പഠിക്കാനുള്ള ബോധം ഏത് വിഷയമാണ് ഞാൻ പഠിക്കുന്നത് അതന്നെ എങ്ങനെയാണ് പഠിക്കുന്നത് അത് മനസ്സുകൊണ്ട് പഠിക്കുന്ന ശാസ്ത്രങ്ങളും ബുദ്ധി കൊണ്ട് പഠിക്കുന്ന ശാസ്ത്രങ്ങളും അതിന് അതീതമായിട്ടുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ശാ ശക്തിയെല്ലാം മനുഷ്യന് തന്നെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പഠിക്കുന്നത് ദൈവികമായൊരു ശാസ്ത്രമാണെന്നും ആ ശാസ്ത്രം പഠിക്കുന്നതിന് എന്നെ അനുഗ്രഹിക്കുന്ന സഹായിക്കുന്ന ഒരു ശക്തി എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും അതാണ് ഗുരു എന്ന് പറയുന്നത് എന്നുള്ളതും ഗുരു ഒരു വ്യക്തിയല്ല ഗുഗാരോ അന്ധകാരശ് ജുഗാരോ തൻ നിവർത്തക അന്ധകാര നിവർത്തിത്വാത് ഗുരുത്യഭിധിയേതേ അന്ധകാരത്തിനെ അന്ധകാരമെന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് നമ്മുടെ അജ്ഞാനമാണ് ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കിയിട്ട് സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് എപ്രകാരം അസ്തമിക്കുന്നുവോ അതേപോലെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അജ്ഞാനം നീങ്ങിയിട്ട് വിജ്ഞാനം വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പാരമാർത്ഥികമായ തത്വം അതുകൊണ്ട് ഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന് വിചാരിച്ച് ആരും ആരാ ആരാധിക്കണമെന്നില്ല അവനുമെൻ്റെ ഉള്ളിൽ തന്നെ ആ ഗുരുവിൻ്റെ അംശമുണ്ട് ഗുരുവെന്ന് പറയുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെക്കാളും ഉപരിയായിട്ട് ശക്തിയുള്ള ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ് അതുകൊണ്ട് ഏത് സംശയം ഉണ്ടെങ്കിലും ഈ ശാസ്ത്രത്തിൽ ഏത് സംശയമുണ്ടെങ്കിലും നമ്മൾ വീടിനോട് തന്നോട് തന്നെ ചോദിക്കുക ഇരുപത്തി നാല് മണിക്കൂറിനകം ഉത്തരം കിട്ടിയിരിക്കും ഇത് ആറുമാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ആറുമാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും അങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് ഒരു ഗുരുവിൻ്റെ കുലത്തിൽ തന്നെ പഠിക്കുന്നതിന് തുല്യമായിട്ട് ആണ് നമ്മൾ കണക്കാക്കി വരുന്നത് ഒരു ഗൃഹസ്ഥാശ്രമം ഒരു ഗുരു സന്നിധിയിലിരുന്ന് പഠിക്കുന്നത് പോലെ അതുകൊണ്ട് വേറെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്നുള്ള വിചാരം ആർക്കും വരേണ്ട കാര്യമില്ല